അധ്യായം പതിനാറ് ബിക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹുവിന് യഹോബയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവാക്കിവെച്ചു നീയോ യോരോബയാമിന്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എന്റെ ജനമായ ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുകയാൽ ഇതാ ഞാൻ ബയശയെയും അവന്റെ ഗ്രഹത്തെയും അശേഷം അടിച്ചു വാരിക്കും നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ ഗ്രഹത്തെ പോലെ ആക്കും ബയശയുടെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും ബേശയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവന്റെ പരാക്രമ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ തീർസയിൽ അടക്കം ചെയ്തു അവന്റെ മകൻ ഏല അവനു രാജാവായി ബയശ യുറോബയോങ് ഗ്രഹത്തെപ്പോലെ ഇരുന്ന തന്റെ കൈകളുടെ പ്രവൃത്തിയാ യഹോവയെ ക്രൂധിപ്പിച്ച് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗ്രഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യഹു പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസയുടെ ഇരുപത്താറാം ആണ്ടിൽ യ്ഷയുടെ മകൻ ഏല ഇസ്രയേലിൽ രാജാവായി തിർസയിൽ രണ്ട് സംവത്സരം വാണു എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിംറി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിംറി അകത്തുകടന്ന് യഹൂദ രാജാവായ ആസയുടെ ഇരുപത്തിയേഴാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി അവൻ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ബൈശയുടെ ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷപ്രജയായ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല അങ്ങനെ ബൈശയും അവന്റെ മകൻ ഏലയും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോവയെ കോപിപ്പിച്ചു തങ്ങൾ ചെയ്തതും ഇസ്രയേലിനെക്കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങളും നിമിത്തം ഈ ഹോവ യേഹുപ്രവാചകൻ മുഖാന്തരം ബയശയ്ക്ക് വിരോധമായി അരുളി വചനപ്രകാരം സിംറി ബയശയുടെ ഭവനത്തെ മുഴുവനും നിഗ്രഹിച്ചു കളഞ്ഞു ഏലയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രാജാവായ ആസയുടെ ഇരുപത്തേഴാം ആണ്ടിൽ സിമ്രി തിർസയിൽ ഏഴു ദിവസം രാജാവായിരുന്നു അന്ന് പടജന പെലിസ്റ്റർക്കുള്ള ഗിബെഥോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു സിംറി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്ന് പാളയം ഇറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രയേലും അന്ന് തന്നെ പാളയത്തിൽ വച്ച് സേനാധിപതിയായ ഒമ്രിയെ ഇസ്രയേലിന് രാജാവാക്കി വാഴിച്ചു ഉടനെ ഒംറി എല്ലാ ഇസ്രയേലുമായി ഗിബേതോൻ വിട്ടുചെന്ന് തിർസയെ നിരോധിച്ചു പട്ടണം പിടിപെട്ടു എന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീവച്ച് അതിൽ മരിച്ചു കളഞ്ഞു അവൻ യോരോബാമിന്റെ വഴിയിലും അവൻ ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ സിമറിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ അന്ന് ഇസ്രയേൽ ജനം രണ്ടു ഭാഗമായി പിരിഞ്ഞു പാതിജനം ഗീനത്തിന്റെ മകനായ തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു പാതിജനം പൊമ്രിയുടെ പക്ഷം ചേർന്നു എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു അങ്ങനെ തിബ്നി പട്ടുപോകുകയും പൊമ്രി രാജാവാകുകയും ചെയ്തു യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തൊന്നാം ആണ്ടിൽ ഒമ്രി ഇസ്രയേലിൽ രാജാവായി പന്ത്രണ്ട് സംവത്സരം വാണു തിർസയിൽ അവൻ ആറ് സംവത്സരം വാണു പിന്നെ അവൻ ഷേമരനോട് ശമരിയാ മല രണ്ടു താലന്തു വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ഷേമരിന്റെ പേരിൻ പ്രകാരം ശമരിയ എന്ന് പേരിട്ടു ഒംറി യെഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എങ്ങനെയെന്നാൽ അവൻ നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ എല്ലാ വഴിയിലും ഇസ്രയേലിന്റെ ദൈവമായ ഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രയേലിനെ പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു ഒമ്രി ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഒമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ശമരിയയിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആഹാബ് അവന് രാജാവായി യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തെട്ടാം ആണ്ടിൽ ഒംറിയുടെ മകനായ ആഹാബ് ഇസ്രയേലിൽ രാജാവായി ഒംറിയുടെ മകനായ ആഹാബ് ഷമരിയയിൽ ഇസ്രയേലിനെ സംവത്സരം വാണു ഒംറിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീതോന്യ രാജാവായ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ആഹാബ് ഒരു അശേരാ പ്രതിഷ്ഠയും അങ്ങനെ ആഹാബ് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രയേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു അവന്റെ കാലത്ത് ബേഥേല്യനായ കിയൽഹോ പണിതും യഹോവ നൂന്റെ മകനായ യോശുവഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബു എന്ന ഇളയ മകനും നഷ്ടം